അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് സൂക്തങ്ങളിൽ തേനീച്ചയെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ അധ്യായ നാമത്തിന് നിദാനം അള്ളാഹുവിൻ്റെ കൽപ്പന വരാനായിരിക്കുന്നു എന്നാൽ നിങ്ങളതിന് ധൃതി കൂട്ടേണ്ട അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു സന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ തൻ്റെ കൽപ്പനപ്രകാരം സത്യസന്ദേശമാകുന്ന ചൈതന്യവും കൊണ്ട് മലക്കുകളെ അവൻ ഇറക്കുന്നു ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല അതിനാൽ നിങ്ങൾ എന്നെ സൂക്ഷിച്ചു എന്ന് നിങ്ങൾ താക്കീത് നൽകുക എന്നത്രേ ആ സന്ദേശം ആകാശങ്ങളും ഭൂമിയും അവൻ യുക്തിപൂർവം സൃഷ്ടിച്ചിരിക്കുന്നു അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു മനുഷ്യനെ അവൻ ഒരു ബീജകണത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ട് അവനതാ വ്യക്തമായ എതിർപ്പുകാരനായിരിക്കുന്നു ും കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അവയിൽ തണുപ്പകറ്റാനുള്ള കമ്പിളിയും മറ്റു പ്രയോജനങ്ങളുമുണ്ട് അവയിൽ നിന്നു തന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു ും നിങ്ങൾ വൈകുന്നേരം ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും നിങ്ങൾ മേയാൻ വിടുന്ന സമയത്തും അവയിൽ നിങ്ങൾക്ക് കൗതുകമുണ്ട് ും ശാരീരിക ക്ലേശത്തോടുകൂടിയല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താൻ ആകാത്ത നാട്ടിലേക്ക് അവ നിങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചു ചെയ്യുന്നു തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏറെ ദയയുള്ളവനോ ിധിയുമാകുന്നു കുതിരകളെയും കോവർ കഴുതകളെയും കഴുതകളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അവയെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കുവാൻ അലങ്കാരത്തിന് വേണ്ടിയും നിങ്ങൾക്കറിവില്ലാത്തതും അവൻ സൃഷ്ടിക്കുന്നു And, and, and, ും അല്ലാഹുവിന്റെ ബാധ്യതയാകുന്നു നേരായ മാർഗം കാണിച്ചു തരിക എന്നത് മാർഗങ്ങളുടെ കൂട്ടത്തിൽ പിഴച്ചവയുമുണ്ട് അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെയെല്ലാം അവൻ നേർവഴിയിലാക്കുമായിരുന്നു അവനാണ് ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത് അതിൽ നിന്നാണ് നിങ്ങളുടെ കുടിനീര് അതിൽ നിന്നു തന്നെയാണ് നിങ്ങൾക്ക് കാലികളമേക്കുവാനുള്ള ചെടികളുമുണ്ടാകുന്നത് ആ വെള്ളം മൂലം ധാന്യവിളകളും ഒലീവും ഈന്തപ്പനയും മുന്തിരികളും നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നു എല്ല ഫലവർഗങ്ങളും അവൻ ഉൽപാദിപ്പിച്ചു തരുന്നു ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയാൽ വിധേയമാക്കപ്പെട്ടത് തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾക്കു വേണ്ടി ൂമിയിൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽ അവൻ സൃഷ്ടിച്ചുണ്ടാക്കി തന്നിട്ടുള്ളവയും അവൻ്റെ കൽപ്പനയ്ക്ക് വിധേയം തന്നെ ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾക്ക് പുതുമാംസം എടുത്തു തിന്നുവാനും നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങൾ പുറത്തെടുക്കുവാനും പാകത്തിൽ കടലിനെ വിധേയമാക്കിയവനും അവൻ തന്നെ കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർന്ന് മാറ്റിക്കൊണ്ട് ഓടുന്നതും നിനക്ക് കാണാം അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുവാനും വേണ്ടിയാണ് അവനത് നിങ്ങൾക്ക് വിധേയമാക്കി തന്നത് ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ ഉറച്ചു നിൽക്കുന്ന അവൻ സ്ഥാപിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വഴി കണ്ടെത്തുവാൻ വേണ്ടി നദികളും പാതകളും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു പുറമെ പല വഴി അടയാളങ്ങളും ഉണ്ട് നക്ഷത്രം മുഖേനയും വഴി കണ്ടെത്തുന്നു അപ്പോൾ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവരെ പോലെയാണോ നിങ്ങൾ എന്താണ് ആലോചിച്ച് മനസ്സിലാക്കാത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കാനാവില്ല തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെ നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ് ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ മരിച്ചവരാണ് ജീവനുള്ളവരല്ല ഏത് സമയത്താണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർ അറിയുന്നുമില്ല നിങ്ങളുടെ ദൈവം ഏകദൈവം അത്ര എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ അവരുടെ ഹൃദയങ്ങൾ നിഷേധ സ്വഭാവമുള്ളവയത്രേ അവർ അഹങ്കാരികളുമാകുന്നു ലാ അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല തീർച്ച നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും പൂർവികന്മാരുടെ പുരാണ കഥകൾ തന്നെ തങ്ങളുടെ പാപഭാരങ്ങൾ മുഴുവനായിട്ടും യാതൊരു വിവരവുമില്ലാതെ തങ്ങൾ ആരെയെല്ലാം വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരുടെ പാപഭാരങ്ങളിൽ ഒരു ഭാഗവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവർ വഹിക്കുവാനത്രേ അത് ഇടയാക്കുക ശ്രദ്ധിക്കുക അവർ പേറുന്ന ആ ഭാരം എത്ര മോശമാണ് അവരുടെ മുമ്പുള്ളവരും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കെട്ടിപ്പൊക്കിയതിന്റെ അടിത്തറകൾക്ക് തന്നെ അള്ളാഹു നാശം വരുത്തി അങ്ങനെ അവരുടെ മുഗൾ ഭാഗത്ത് നിന്ന് മേൽക്കൂര അവരുടെ മേൽ പൊളിഞ്ഞു വീണു അവർ ഓർക്കാത്ത ഭാഗത്തുനിന്ന് അവർക്ക് വരികയും ചെയ്തു പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവൻ അവർക്ക് അപമാനം വരുത്തുന്നതാണ് എനിക്ക് പങ്കുകാരുണ്ടെന്ന് വാദിച്ചുകൊണ്ടായിരുന്നല്ലോ നിങ്ങൾ ചേരി പിരിഞ്ഞ് അവർ എവിടെ എന്ന് അവൻ ചോദിക്കുകയും ചെയ്യും അറിവ് നൽകപ്പെട്ടവർ പറയും ഇന്ന് അപമാനവും ശിക്ഷയും سَتْيَ نَشِيدِ الْكَاعِنُ تِيرْچَ الَّذِينَ تَتَوَفَّاهُمُ الْمَلَائِكَةُ ظَالِمِينَ أَنْفُسَهُمْ فَأَلْقَوْا السَّلَمَ مَا كُنَّا نَعْمَلُ مِن سُوءٍ بَلَى إِنَّ اللَّهَ عَلِيمٌ بِمَا كُنْتُمْ تَعْمَلُونَ അതായത് അവരവർക്കു തന്നെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവർക്ക് ഞങ്ങൾ യാതൊരു തിന്മയും ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അവർ കീഴ്വണക്കത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കും അങ്ങനെയല്ല തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനാകുന്നു അതിനാൽ നരകത്തിൻ്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നുകൊള്ളുക നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും അപ്പോൾ അഹങ്കാരികളുടെ വാസസ്ഥലം മോശം തന്നെ ും നിങ്ങളുടെ രക്ഷാവ് എന്താണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് സൂക്ഷ്മത പാലിച്ചവരോട് ചോദിക്കപ്പെട്ടു അവർ പറഞ്ഞു ഉത്തമമായത് തന്നെ നല്ലത് ചെയ്തവർക്ക് ഈ ദുനിയാവിൽ തന്നെ നല്ല ഫലമുണ്ട് പരലോക ഭവനമാകട്ടെ കൂടുതൽ ഉത്തമമാകുന്നു സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഭവനം എത്രയോ നല്ലത് അതെ അവർ പ്രവേശിക്കുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ അവയുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും അവർക്ക് അവർ ഉദ്ദേശിക്കുന്നതെന്തും അതിലുണ്ടായിരിക്കും അപ്രകാരമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് അതായത് നല്ലവരായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവർക്ക് ആ മലക്കുകൾ പറയും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക തങ്ങളുടെ അടുക്കൽ മലക്കുകൾ വരുന്നതോ നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പന വരുന്നതോ അല്ലാതെ മറ്റു അവർ കാത്തിരിക്കുന്നുവോ അപ്രകാരം തന്നെയാണ് അവർക്ക് മുമ്പുള്ളവരും ചെയ്തത് അള്ളാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല പക്ഷേ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലങ്ങൾ അവരെ ബാധിക്കുകയും അവർ ഏതൊന്നിനെപ്പറ്റി പരിഹസിച്ചിരുന്നുവോ അത് അവരെ വലയം ചെയ്യുകയും ചെയ്തു അള്ളാഹുവോട് പങ്കാളികളെ ചേർത്തവർ പറഞ്ഞു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ അവനു പുറമെ യാതൊന്നിനെയും ആരാധിക്കുമായിരുന്നില്ല അവൻ്റെ കൽപ്പന കൂടാതെ ഞങ്ങൾ യാതൊന്നും നിഷിദ്ധമാക്കുകയും ഇല്ലായില്ല അതുപോലെ തന്നെ അവർക്ക് മുമ്പുള്ളവരും ചെയ്തിട്ടുണ്ട് എന്നാൽ മേൽ സ്പഷ്ടമായ പ്രബോധനമല്ലാതെ തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണം എന്ന് പ്രബോധനം ചെയ്യുന്നതിന് എന്നിട്ട് അവരിൽ ചിലരെ അള്ളാഹു നേർവഴിയിലാക്കി അവരിൽ ചിലരുടെ മേൽ വഴികേട് സ്ഥിരപ്പെടുകയും ചെയ്തു ആകയാൽ നിങ്ങൾ ഭൂമിയിലൂടെ നടന്നിട്ട് നിഷേധിച്ചു തള്ളിക്കളഞ്ഞവരുടെ പര്യവസാനം എന്ന് നോക്കുക അവർ സന്മാർഗത്തിലായി തീരുവാൻ നീ കൊതിക്കുന്നുവെങ്കിൽ അത് വെറുതെയാകുക കാരണം താൻ വഴികേടിലാക്കുന്നവരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച അവർക്ക് സഹായികളായി ആരും ഇല്ലതാണ് അവർ പരമാവധി ഉറപ്പിച്ചു സത്യം ചെയ്യാറുള്ള രീതിയിൽ അല്ലാഹുവിൻ്റെ പേരിൽ ആണയിട്ടു പറഞ്ഞു മരണപ്പെടുന്നവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് അങ്ങനെയല്ല അത് അവൻ ബാധ്യതയേറ്റ സത്യവാഗ്ദാനമാകുന്നു പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല ഏതൊരു വിഷയത്തിൽ അവർ ഭിന്നത പുലർത്തുന്നുവോ അതവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാനും തങ്ങൾ കള്ളം പറയുന്നവരായിരുന്നു എന്ന് സത്യനിഷേധികൾ മനസ്സിലാക്കുവാനും വേണ്ടി അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നാം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് സംബന്ധിച്ച നമ്മുടെ വചനം ഉണ്ടാകൂ എന്ന് അതിനോട് നാം പറയുക മാത്രമാകുന്നു അപ്പോഴതാ അതുണ്ടാകുന്നു والذين هاجروا في الله من بعد ما ظلموا نبوأنهم بالدنيا حسنه ولا اجر الاخره اكبر لو كانوا يعلمون اكرمתי വിധയരായ ദിനേശം അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്വദേശം വെടിഞ്ഞു പോയവരോവർക്ക് ഇഹലോകത്തെ നാം നല്ല താമസ സൗകര്യം ஏற்படுத்தி കൊടുക്കുക തന്നെ ചെയ്യും എന്നാൽ പരലോകത്തെ പ്രതിഫലം തന്നെയാകുന്നു ഏറ്റവും മഹത്തായത് അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ക്ഷമിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഫരമേൽപ്പിക്കുകയും ചെയ്തവരത്രേ ആ മുഹാജിറുകൾ നിനക്കുമ്പ് മനുഷ്യന്മാരെയല്ലാതെ നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല അവർക്കു നാം സന്ദേശം നൽകുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ വേദം മുഖേന ഉത്ബോധനം ലഭിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക വ്യക്തമായ തെളിവുകളും വേദഗ്രന്ഥങ്ങളുമായി അവരെ നാം നിയോഗിച്ചു നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കാൻ വേണ്ടിയും എന്നാൽ ദുഷിച്ച കുതന്ത്രങ്ങൾ പ്രയോഗിച്ചവർ അള്ളാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയില്ലെന്നോ അവർ ഓർക്കാത്ത ഭാഗത്തു കൂടി ശിക്ഷ വരികയില്ലെന്നോ സമാധാനിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ അവരുടെ പോക്കുവരവുകൾക്കിടയിൽ അവർക്ക് തോൽപ്പിച്ചുകളയാൻ പറ്റാത്ത വിധത്തിൽ അവൻ അവരെ പിടികൂടുകയില്ലെന്ന് അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കെ അവരെ പിടികൂടുകയില്ലെന്ന് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏറെ ദയയുള്ളവനും കരുണാനിധിയും തന്നെയാകുന്നു അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു വസ്തുവിന്റെയും നേർക്ക് അവർ നോക്കിയിട്ടില്ലേ എളിയവരായിട്ടും അല്ലാഹുവിന് സുജോതി ചെയ്തുകൊണ്ടും അതിന്റെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ ഏതൊരു ജീവിയും അള്ളാഹുവിന് സുജോതി ചെയ്യുന്നു മലക്കുകളും സുജോത് ചെയ്യുന്നു അവർ അഹങ്കാരം നടിക്കുന്നില്ല അവർക്കുമീതയുള്ള അവരുടെ രക്ഷിതാവിനെ അവർ ഭയപ്പെടുകയും അവർ കൽപ്പിക്കപ്പെടുന്നതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അള്ളാഹു അരുളിയിരിക്കുന്നു രണ്ട് ദൈവങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത് അവൻ ഒരേ ഒരു ദൈവം മാത്രമേയുള്ളൂ അതിനാൽ ഏകദൈവമായ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുവി അവൻ്റെതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും നിരന്തരമായിട്ടുള്ള കീഴ്വണക്കം അവന് മാത്രമാകുന്നു എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി കാണിക്കുന്നത് നിങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാകുന്നു എന്നിട്ട് നിങ്ങൾക്കൊരു കഷ്ടത ബാധിച്ചാൽ അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മുറവിളി കൂട്ടി ചെല്ലുന്നത് പിന്നെ നിങ്ങളിൽ നിന്ന് അവൻ കഷ്ടത നീക്കി തന്നാൽ നിങ്ങളിൽ ഒരു വിഭാഗമതാ തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കാളികളെ ചേർക്കുന്നു നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ അങ്ങനെ അവർ നന്ദി കാണിക്കുന്നു നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്നാൽ വഴിയെ നിങ്ങൾക്കറിയാം നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഒരു ഓഹരി തന്നെ ശരിയായ അറിവില്ലാത്ത വ്യാജ ദൈവങ്ങൾക്ക് അവർ നിശ്ചയിച്ചു വെക്കുന്നു അള്ളാഹുവെ തന്നെയാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നതിനെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അള്ളാഹുവിന് അവർ പെൺമക്കളെ സ്ഥാപിക്കുന്നു അവൻ എത്രയോ പരിശുദ്ധൻ അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്ന ആൺമക്കളും وَهُوَ അവരിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായ സന്തോഷവാർത്ത നൽകപ്പെട്ടാൽ കോപാകുലനായിട്ട് അവൻ്റെ മുഖം കറുത്തിരുണ്ടുപോകുന്നു അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ ആളുകളിൽ നിന്ന് അവൻ ഒളിച്ചു കളയുന്നത് അപമാനത്തോടെ അതിനെ വെച്ചുകൊണ്ടിരിക്കണമോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചു എന്നായിരിക്കും അവൻ്റെ ചിന്ത ശ്രദ്ധിക്കുക അവർ എടുക്കുന്ന തീരുമാനം എത്ര മോശം പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കാകുന്നു ഹീനമായ അവസ്ഥ അള്ളാഹുവിനാകുന്നു അത്യുന്നതമായ അവസ്ഥ അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു ولو يؤاخذ الله الناس بظلمهم ما ترك عليها من دابة ولكن يؤخرهم الى اجل مسمى فاذا جاء اجلهم لا يستأخرون ساعة ولا يستقدمون الله منشره അവരുടെ അക്രമം മൂലം ഉടനടി പിടികൂടിയിരുന്നെങ്കിൽ ഭൂമുഖത്ത് യാതൊരു ജന്തുവേയും അവൻ വിട്ടേക്കുമായിരുന്നില്ല എന്നാൽ നിർണിതമായ ഒരു അവധി വരെ അവൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവരുടെ അവധി വന്നാൽ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിക്കാൻ ആവുകയില്ല അവർക്കത് നേരത്തെയാക്കാനും കഴിയില്ല അവർക്ക് ഇഷ്ടമില്ലാത്തതിന് അവർ അള്ളാഹുവിനെ നിശ്ചയിക്കുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്തോ അത് തങ്ങൾക്കുള്ളതാണെന്ന് അവരുടെ നാവുകൾ വ്യാജ വർണ്ണന നടത്തുകയും ചെയ്യുന്നു ഒട്ടും സംശയമില്ല അവർക്കുള്ളത് നരകം തന്നെയാണ് അവർ അങ്ങോട്ട് മുമ്പിൽ നയിക്കപ്പെടുന്നതാണ് അള്ളാഹുവെ തന്നെയാണ് നിനക്ക് മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്നാൽ പിശാജ് അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾ അലങ്കാരമായി തോന്നിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവനാണ് ഇന്ന് അവരുടെ മിത്രം അവർക്കുള്ളതാകട്ടെ വേദനാജനകമായ ശിക്ഷയാണ് താനും അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നിച്ചു പോയിരിക്കുന്നുവോ അതവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവും ആയിക്കൊണ്ടും മാത്രമാണ് നിനക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത് അള്ളാഹു ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും അതുമൂലം ഭൂമിയെ അത് നിർജീവമായി കിടന്നതിന് ശേഷം അവൻ സജീവമാക്കുകയും ചെയ്തു കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് കാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാഠമുണ്ട് അവയുടെ ഉദരങ്ങളിൽ നിന്ന് കാഷ്ടത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഖമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നാം നൽകുന്നു യും മുന്തിരിവള്ളികളുടെയും ഫലങ്ങളിൽ നിന്നും നിങ്ങൾക്കു നാം പാനീയം നൽകുന്നു അതിൽ നിന്ന് ലഹരി പദാർത്ഥവും ഉത്തമമായ ും നിങ്ങൾ ഉണ്ടാക്കുന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിലും ഉണ്ടാക്കിക്കൊള്ളുക പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചു അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു അതിൽ മനുഷ്യർക്ക് രോഗശമനം ഉണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ായും അതിൽ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു നിങ്ങളിൽ ചിലർ ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് തള്ളപ്പെടുന്നു പലതും അറിഞ്ഞതിന് ശേഷം യാതൊന്നും അറിയാത്ത അവസ്ഥയിൽ എത്തത്തക്ക വണ്ണം തീർച്ചയായും എല്ലാം അറിയുന്നവനും എല്ലാ കഴിവുമുള്ളവനുമാകുന്നു അള്ളാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ഉപജീവനത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടവരാക്കിയിരിക്കുന്നു എന്നാൽ ജീവിതത്തിൽ മെച്ചം ലഭിച്ചവർ തങ്ങളുടെ ഉപജീവനം തങ്ങളുടെ വലതുകൈകൾ അധീനപ്പെടുത്തി വെച്ചിട്ടുള്ള അടിമകൾക്ക് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഉപജീവനത്തിൽ അടിമയും ഉടമയും തുല്യരാകുകയും ചെയ്യുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെയാണോ അവർ നിഷേധിക്കുന്നത് ും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും ഉണ്ടാക്കിത്തരുകയും വിശിഷ്ട വസ്തുക്കളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടും അവർ അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത് ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അവർക്കു വേണ്ടി യാതൊരു ഭക്ഷണവും അധീനപ്പെടുത്തി കൊടുക്കാത്തവരും യാതൊന്നിനും കഴിയാത്തവരുമായിട്ടുള്ളവരെയാണ് അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നത് ആകയാൽ അള്ളാഹുവിന് നിങ്ങൾ ഉപമകൾ പറയരുത് തീർച്ചയായും അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല ضرب الله مثلا عبدا مملوكا لا يقدر على شيء وما رزقناه منه رزقا حسنا وما رزقناه منه رزقا حسنا فهو ينفق منه سرا وجهارا هل يستوون الحمد لله بل اكثرهم لا يعلمون മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള യാതൊന്നിനും കഴിവില്ലാത്ത ഒരു അടിമയെയും നമ്മുടെ വകയായി നാം നല്ല ഉപജീവനം നൽകിയിട്ട് അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെയും അള്ളാഹു ഉപമയായി എടുത്തു കാണിക്കുന്നു ഇവർ തുല്യരാകുമോ അള്ളാഹുവിന് സ്തുതി പക്ഷേ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല أضرب الله مثلا الرجلين أحدهما أبكم لا يقدر على شيء وهو كَلٌّ على مولاه وهو كَلٌّ على مولاه أينما يوجهه لا يأتي بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم إنيهم രണ്ട് പുരുഷന്മാരെ അല്ലാഹു ഉപമയായി എടുത്തുകാണിക്കുന്നു അവരിൽ ഒരാൾ യാതൊന്നിനും കഴിവില്ലാത്ത ഊമയാകുന്നു അവൻ തൻ്റെ യജമാനന് ഒരു ഭാരവുമാണ് അവനെ എവിടേക്ക് തിരിച്ചുവിട്ടാലും അവൻ യാതൊരു നന്മയും കൊണ്ടുവരില്ല അവനും നേരായ പാതയിൽ നിലയുറപ്പിച്ചുകൊണ്ട് നീതി കാണിക്കാൻ കൽപ്പിക്കുന്നവനും തുല്യരാകുമോ അള്ളാഹുവിനാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനമുള്ളത് അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണ് ഇമവട്ടും പോലെ മാത്രമാകുന്നു അഥവാ തീർച്ചയായും കഴിവുള്ളവനാകുന്നു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തുകൊണ്ടുവന്നു നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ുംകൂമി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു കാലുകളുടെ തോലുകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് പാർപ്പിടങ്ങൾ നൽകിയിരിക്കുന്നു നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസവും നിങ്ങൾ താവളമടിക്കുന്ന ദിവസവും നിങ്ങൾ അവ അനായാസം ഉപയോഗപ്പെടുത്തുന്നു ചെമ്മരിയാടുകളുടെയും ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും രോമങ്ങളിൽ നിന്ന് ഒരു അവധി വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണങ്ങളും ഉപഭോഗ അവൻ നൽകിയിരിക്കുന്നു مما خلق ظلالا وجعل لكم من الجبال أثنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون الله تانس رشتشة بستو کلیلن ننجل که തണലുകൾ ഉണ്ടാക്കിത്തരികയും നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ അവൻ അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യോന്യം നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നു നിങ്ങൾ അവനെ കീഴ്പ്പെടുന്നതിന് വേണ്ടി ഇനി അവർ തിരിഞ്ഞുകളയുന്ന പക്ഷം നിനക്കുള്ള ബാധ്യത കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പ്രബോധനം മാത്രമാകുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർ മനസ്സിലാക്കുകയും എന്നിട്ട് അതിന് നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത് അവരിൽ അധിക പേരും നന്ദി കെട്ടവരാകുന്നു ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു പിന്നീട് സത്യനിഷേധികൾക്ക് ഉരിയാടാൻ അനുവാദം നൽകപ്പെടുകയില്ല പരിഹാരം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയുമില്ല അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ നേരിട്ട് കാണുമ്പോഴാകട്ടെ അതവർക്ക് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല അവർക്ക് ഇട നൽകപ്പെടുകയുമില്ല ദീന ഉലാ ഈശുറ കേ ഉനല്ല ദിനുറക്ക ഉനല്ല ദീന കുന്നോമി ധോനി അള്ളാഹുവോട് പങ്കുചേർത്തവർ തങ്ങൾ പങ്കാളികളാക്കിയിരുന്നവരെ പരലോകത്ത് വച്ച് കണ്ടാൽ ഇപ്രകാരം പറയും ഞങ്ങളുടെ രക്ഷിതാവെ നിനക്കുപുറമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഞങ്ങളുടെ പങ്കാളികളാണിവർ അപ്പോൾ ആ പങ്കാളികൾ അവർക്ക് നൽകുന്ന മറുപടി തീർച്ചയായും നിങ്ങൾ കള്ളം പറയുന്നവരാകുന്നു എന്ന വാക്കായിരിക്കും ആ ദിവസം അവർ അർപ്പണം അള്ളാഹുവിന് നൽകുന്നതും അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്നതെല്ലാം അവരെ വിട്ടുമാറിക്കളയുന്നതുമാണ് അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തവരാരോ അവർക്ക് നാം ശിക്ഷയ്ക്കുമേൽ ശിക്ഷ കൂട്ടിക്കൊടുക്കുന്നതാണ് അവർക്കുഴപ്പം സൃഷ്ടിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമത്രേ അത് وَيَوْمَ نَبْعْتُ فِي كُلِّ أُمَّةٍ شَهِيدًا عَلَيْهِمْ مِنْ أَنْكُسِهِمْ وَجِئْنَا بِكَ شَهِيدًا عَلَى هَا أُولَاءً وَنَزَّلْنَا عَلَيْكَ الْكِتَابَةِ بِيَانًا لِكُلِّ شَيْءٍ وَهُدًا وَرَحْمَةً وَبُشْرًا لِلْمُسْلِمِينَ أورو سمودا يطلو അവരുടെ കാര്യത്തിന് സാക്ഷിയായിക്കൊണ്ട് അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ നാം നിയോഗിക്കുകയും ഇക്കൂട്ടരുടെ കാര്യത്തിന് സാക്ഷിയായിക്കൊണ്ട് നിന്നെ നാം കൊണ്ടുവരികയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്ര എല്ലാ കാര്യത്തിനും വിശദീകരണമായിക്കൊണ്ടും മാർഗദർശനവും കാരുണ്യവും കേഴ്പെട്ടു ജീവിക്കുന്നവർക്ക് സന്തോഷ നിനക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ് അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും ആണ് നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു വ ഔഹു ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും വലാ തഖുദുൽ ഐമാന ബഅദ തוקീദഹാ വലാ തഖുദുൽ ഐമാന ബഅദ തൗകീദഹാ വഖദ് ജഅൽതുംല്ലാഹു അലൈകും കഫീല നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അല്ലാഹുവെ നിങ്ങളുടെ ജാമ്യക്കാരനാക്കിക്കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു അറിയുന്നു ولا تكونوا كاللاتي نقضت غزلها من بعد قوه ان كفن تتخذون ايمانكم دخلا بينكم ان تكون امه هي اربا من امه انما يذلوكم الله به ولا يبينن ൂറപ്പോടെ നൂൽ നൂറ്റ ശേഷം തൻ്റെ നൂൽ പലയിഴകളാക്കി പിരിയുടച്ച് കളഞ്ഞ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത് ഒരു ജനസമൂഹം മറ്റൊരു ജനസമൂഹത്തെക്കാൾ എണ്ണപ്പെരുപ്പമുള്ളതാകുന്നതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ അന്യോന്യം ചതിപ്രയോഗത്തിനുള്ള മാർഗമാക്കി കളയുന്നു അതു മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നവരായിരിക്കുന്നുവോ ആ കാര്യം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും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 അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ അവൻ ഏക സമുദായമാക്കുമായിരുന്നു എന്നാൽ താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യും നിങ്ങൾ പ്രവർത്തിച്ചു നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും <Nur> ും നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ അന്യോന്യം ചതിപ്രയോഗത്തിനുള്ള മാർഗമാക്കി കളയരുത് ഇസ്ലാമിൽ നെൽപ്പുറച്ചതിനു പാദം ഇടറിപ്പോകാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞതു നിമിത്തം നിങ്ങൾ കേടുദി അനുഭവിക്കാനും അത് കാരണമായി തീരും നിങ്ങൾക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ കരാറിനു പകരം നിങ്ങൾ തുച്ഛമായ വില വാങ്ങരുത് തീർച്ചയായും അള്ളാഹുവിങ്കിലുള്ളത് തന്നെയാണ് നിങ്ങൾ കുത്തമം നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നുപോകും അള്ളാഹുവിങ്കലുള്ളത് അവശേഷിക്കുന്നതത്രേ ക്ഷമ കൈക്കൊണ്ടവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം നാം നൽകുക തന്നെ ചെയ്യും مَنعِمَ لصالِحٍ مِنْ ذَكَرٍ أَوْ أُنثَى وَهُوَ مُؤْمِنٌ فَلَنُحْيِيَنَّهُ مَنعِمَ لصالِحٍ مِنْ ذَكَرٍ أَوْ أُنثَى وَهُوَ مُؤْمِنٌ فَلَنُحْيِيَنَّهُ حَيَاةً طَيِّبَةً وَلَنَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം അവർക്ക് നൽകുകയും ചെയ്യും ണെങ്കിൽ തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഫരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ ആ പിശാചിന് യാതൊരു അധികാരവുമില്ല തീർച്ച അവൻ്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരുടെയും മേൽ മാത്രമാകുന്നു ഒരു വേദവാക്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വേദവാക്യം നാം പകരം വെച്ചാൽ അള്ളാഹുവാകട്ടെ താൻ അവതരിപ്പിക്കുന്നതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് താനും അവർ പറയും നീ കെട്ടിച്ചമച്ചു പറയുന്നവൻ മാത്രമാകുന്നു എന്ന് അല്ല അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല പറയുക വിശ്വസിച്ചവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയും കീഴ്പെട്ടു ജീവിക്കുന്നവർക്ക് മാർഗദർശനവും സന്തോഷവാർത്തയും ആയിക്കൊണ്ടും സത്യപ്രകാരം പരിശുദ്ധാത്മാവ് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അത് ഇറക്കിയിരിക്കുകയാണ് ഒരു മനുഷ്യൻ തന്നെയാണ് നെബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം അവർ ദുസ്സൂചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരാളെപ്പറ്റിയാണോ ആ ആളുടെ ഭാഷ അനറബിയാകുന്നു ഇതാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയാകുന്നു അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരാരോ അവരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ചയായും അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുന്നതുമാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമക്കുന്നത് അവർ തന്നെയാണ് വ്യാജവാദികൾ ിൽക്രിഹു വിശ്വസിച്ചതിനു ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചവരാരോ അവരുടെ മേൽ തങ്ങളുടെ ഹൃദയം വിശ്വാസത്തിൽ സമാധാനം പൂണ്ടതായിരിക്കെ നിർബന്ധിക്കപ്പെട്ടവരുടെ മേലല്ല പ്രത്യുത തുറന്ന മനസ്സോടെ അവിശ്വാസം സ്വീകരിച്ചവരാരോ അവരുടെ മേൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും അവർക്ക് ഭയങ്കരമായ ശിക്ഷയുമുണ്ടായിരിക്കും അതെന്തുകൊണ്ടെന്നാൽ ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തെക്കാൾ കൂടുതൽ അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അള്ളാഹു ആകട്ടെ സത്യനിഷേധികളായ ആളുകളെ നേർവഴിയിലാക്കുന്നതുമല്ല ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അള്ളാഹു മുദ്രവച്ചിട്ടുള്ള ഒരു വിഭാഗമാകുന്നു അക്കൂട്ടർ അക്കൂട്ടർ തന്നെയാകുന്നു അശ്രദ്ധർ ഒട്ടും സംശയമില്ല അവർ തന്നെയാണ് പരലോകത്ത് നഷ്ടക്കാർ പിന്നെ തീർച്ചയായും നിൻ്റെ രക്ഷിതാവിൻ്റെ സഹായം മർദ്ദനത്തിന് ഇരയായ ശേഷം സ്വദേശം വെടിഞ്ഞു പോകുകയും അനന്തരം സമരത്തിൽ ഏർപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്തവർക്കായിരിക്കും തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഓരോ വ്യക്തിയും തൻ്റെ സ്വന്തം കാര്യത്തിനായി വാദിച്ചുകൊണ്ടുവരുന്ന ഓരോ വ്യക്തിക്കും താൻ പ്രവർത്തിച്ചതെന്തോ അത് നിറവേറ്റിക്കൊടുക്കപ്പെടുന്ന അവർ അനീതിക്ക് വിധേയരാകാത്ത ഒരു ദിവസത്തിൽ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 അള്ളാഹു ഒരു രാജ്യത്തെ ഉപമയായി എടുത്തു കാണിക്കുകയാകുന്നു അത് സുരക്ഷിതവും ശാന്തവുമായിരുന്നു അതിലെ ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലായിടത്തു നിന്നും സമൃദ്ധമായി അവിടെ എത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് ആ രാജ്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം വിശപ്പിന്റെയും ഭയത്തിൻ്റെയും ഉടുപ്പ് അള്ളാഹു ആ രാജ്യത്തിന് അനുഭവിക്കുമാറാക്കി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു അങ്ങനെ അവർ അക്രമകാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി ആകയാറി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായിട്ടുള്ളത് നിങ്ങൾ തിന്നുകൊള്ളുക അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ശവം രക്തം പന്നിമാംസം അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അല്ലാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ വല്ലവനും ഇവ ഭക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്ന അവൻ അതിന് ആഗ്രഹം കാണിക്കുന്നവനോ അതിരുവിട്ടു തിന്നുന്നവനോ അല്ലെങ്കിൽ തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ് ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ കള്ളം പറയരുത് നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയത്രേ അതിന്റെ ഫലം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച തുച്ഛമായ സുഖാനുഭവമാണ് ഇപ്പോൾ അവർക്കുള്ളത് അവർക്ക് വരാനുള്ളതാകട്ടെ വേദനയേറിയ ശിക്ഷയും മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നവ ജൂതന്മാരുടെ മേൽ നാം നിഷിദ്ധമാക്കുകയുണ്ടായി പക്ഷേ അവർ അവരോട് തന്നെ അനീതി ചെയ്യുകയായിരുന്നു പിന്നെ തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് അവിവേകം മൂലം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം ഖേദിച്ചു മടങ്ങുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അവൻ തെരഞ്ഞെടുക്കുകയും നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു وَآتَيْنَاهُ فِي الدُّنْيَا حَسَنَةً وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ إِحَلَوْغَتْ أَدْدَّيَهَتِنُ نَامْ نَنْمَ نَلْقُقَيْمْ جَيْدِرِكُنُنُ پَرَلَوْغَتْ آگَتْ تِيرْچَيَعَيُمْ أَدْدَّيَهَمْ سَدْ بُرُتَّرُوْدَكُ اُتَّدْتِلَ آئِرِكُنُ പിന്നീട് നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവനായിരുന്ന ഇബ്രാഹീമിന്റെ മാർഗത്തെ പിന്തുടരണം എന്ന് നിനക്ക് ഇതാ ബോധനം നൽകിയിരിക്കുന്നു അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല ശബ്ദത്ത് ദിനാചരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ കാര്യത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞിട്ടുള്ളവരാരോ അവരുടെ മേൽ തന്നെയാണ് അവർ ഭിന്നിച്ചിരുന്ന വിഷയത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിൻ്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് തൻ്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും നല്ലവണ്ണം അറിയുന്നവനത്രേ നിങ്ങൾ ശിക്ഷാനടപടി സ്വീകരിക്കുകയാണെങ്കിൽ എതിരാളികളിൽ നിന്ന് നിങ്ങളുടെ നേരെയുണ്ടായ ശിക്ഷാനടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അതുതന്നെയാണ് ക്ഷമാശീലർക്ക് കൂടുതൽ ഉത്തമം നീ ക്ഷമിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് ആ സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത് അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി നീ മനക്ലേശത്തിലാവുകയും ചെയ്തു തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിച്ചവരോടൊപ്പമാകുന്നു സദ്വൃത്തരായിട്ടുള്ളവരോടൊപ്പവും